ോഹ്സ്ബഹാനഹുവറ്റ ആല അല്ലാത്ത മറ്റൊരാളെ ഞാൻ വിധികർത്താവായി തേടണമോ വിശദമായി ഗ്രന്ഥം നിങ്ങൾക്കിറക്കിത്തന്നത് അവൻ തന്നെയാണ് നമ്മൾ വേദഗ്രന്ഥം നൽകിയവർക്കറിയാം അത് നിന്റെ രക്ഷിതാവിൽ നിന്ന് സത്യമായി ഇറക്കപ്പെട്ടതാണെന്ന് അതിനാൽ നീ സംശയിക്കുന്നവരിൽ പെടരുത്